അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അവർ രഹസ്യമായി സംസാരിച്ചു അവരുടെ നേതാവ് പറഞ്ഞു നിങ്ങളുടെ പിതാവ് അള്ളാഹു സുബഹാനഹുവറ്റായാലുംപിലും അതിനു മുൻപ് യൂസഫിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച വീഴ്ചയെക്കുറിച്ചും നിങ്ങളിൽ നിന്ന് കരാറെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ അതിനാൽ എന്റെ പിതാവ് എനിക്ക് അനുവാദം നൽകുന്നതുവരെയോ അല്ലെങ്കിൽ അള്ളാഹു സുബഹാനഹുവറ്റായാല എനിക്ക് വിധി നൽകുന്നതുവരെയോ ഞാൻ ഈ നാട് വിട്ടുപോവുകയില്ല അവൻ തന്നെയാണ് ഏറ്റവും നല്ല വിധികർത്താവ്